ആകാശങ്ങളിലേക്കുള്ള വഴികൾ അങ്ങനെ മൂസാലഹിസ്ലാമിന്റെ ദൈവത്തെ എനിക്ക് കാണാൻ സാധിക്കും തീർച്ചയായും അദ്ദേഹം കളവു പറയുകയാണെന്ന് ഞാൻ കരുതുന്നു ഇപ്രകാരം ഫിർആൌവിന് തന്റെ ദുഷ്കർമ്മങ്ങൾ ഭംഗിയുള്ളതായി തോന്നിപ്പിക്കപ്പെട്ടു അവൻ നേർവഴിയിൽ നിന്ന് തടയപ്പെട്ടു ഫിർആൌവിന്റെ തന്ത്രങ്ങൾ നാശത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നയിക്കില്ല